എന്നാൽ അധർമ്മം പ്രവർത്തിച്ചവരുടെ അഭയസ്ഥാനം നരകമായിരിക്കും അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ആഗ്രഹിക്കുമ്പോഴെല്ലാം അവർ അതിലേക്ക് തിരിച്ചയക്കപ്പെടും അവരോട് പറയപ്പെടും നിങ്ങൾ നിഷേധിച്ച നരകശിക്ഷ രുചിക്കൂ